ഥാബൂതാത്മവിജ്ഞാന പ്രവർത്തമാന ശാസ്ത്രം വിദ്യാഭ്യാസ വിഷയത്തിന് അധികം ഭാഷയത്തിന് ആത്മബോധമുണ്ടാകുന്നതിന് മുമ്പ് ശാസ്ത്രം വിദ്യ ഉള്ളതിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത് തഥാഹി ബ്രാഹ്മണ ഇത്യാദിനി ശാസ്ത്രീ ആത്മനി വർണ്ണ ആശ്രമ അവസ്ഥ വിശേഷ അധ്യാസമാശ്രിത്യ പ്രവൃത്തി എല്ലാം ഭാഷകാരം പറയുന്നത് എന്താണ് ഇത് ഭാഷകാരന്റെ സ്വന്തം സിദ്ധാന്തമാണ് ഈ അധ്യാസം എന്ന് പറയുന്നത് ഇത്യാദി പറയുന്നത് ബ്രാഹ്മണൻ യാഗം ചെയ്യേണ്ടതാണ് തുടങ്ങിയവ ശാസ്ത്രാണ് ഈ ശാസ്ത്രങ്ങൾ ആത്മാവിൻ വർണ്ണം ആശ്രമം ഇത് രണ്ടും വേർട്ട് വേണം മനസ്സിലാകുന്നുണ്ട് വർണ്ണങ്ങളെന്ന് പറയുമ്പോൾ ജാതികൾ ആശ്രമം എന്ന് പറയുന്നത് ഓരോ ജാതികളുടെയും ആശ്രമം വേറെ വേറെയാണ് അതിലും വിവേചനമുണ്ട് ആശ്രമം നല്ലതും വരണം മോശമുണ്ട് വർണ്ണം പോലെ തന്നെ വിവേചനമുള്ളതാണ് എന്താ ബ്രാഹ്മണന്റെ ആശ്രമം അല്ല ബ്രാഹ്മണന്റെ ബ്രഹ്മചര്യം അല്ല ക്ഷീന്റെ ബ്രഹ്മചര്യം അല്ല ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ വേറെയാണ് ബ്രാഹ്മണന്റെ കാരമല്ല ക്ഷത്രിയല്ലേ അതുകൊണ്ട് എങ്ങനെയാണോ ജാതിയില് ഉച്ചനീചത്വങ്ങളും വിവേചനവും വരുന്നതും അതുപോലെ തന്നെ ആശ്രമങ്ങളിലും വിവേചനമാണ് അത് മാത്രമല്ല ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യൻ വരുമ്പോഴത്തേക്ക് ഈ ആശ്രമങ്ങളെല്ലാം ഈ പറയുന്നത് ഈ മൂന്ന് പറ ജാതി ഒക്കെ ഉള്ളു സൂത്രന് ഈ മൂന്നില്ല ഏകാശ്രമി എന്നാണ് സൂത്രനൊരാശ്രമേ ആണ് എന്നുവെച്ചാൽ വേദാധ്യനം ഇല്ല അതുകൊണ്ട് ഇന്നും ബ്രഹ്മചര്യം ഉണ്ട് ബ്രഹ്മചര്യം വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ് പഴയ കാലത്ത് വെച്ചിരിക്കുന്നത് അനുവദിച്ച ബ്രഹ്മചര്യം വെച്ചത് അപ്പോ അതില്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആശ്രമമില്ല അപ്പോ ആശ്രമവും സൂത്രന് ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ എന്താണ് സേവ സേവന ക്ഷത്രയും പൈസ ഇതാണ് പഴയ നിയമം അപ്പോൾ ഇത് മനുഷ്യർ തമ്മിലുള്ള വിവേചനത്തിനെയും ടിസ്ഥാനപ്പെടുത്തി ഉച്ച നീചത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹൈറാർക്കി എന്ന് പറയും അപ്പോ ഇതനുസരിച്ചിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് പഴയകാലത്തെ ധർമ്മം എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമ വ്യവസ്ഥയാണ് അപ്പോ ഇത് സനാതനമായിരിക്കണമെന്നാണ് പഴയകാലത്ത് പറയുന്നത് സനാതന നിർബന്ധിച്ച് ഈ വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും സനാതനമായിരിക്കണം ഇത് കൊറച്ച് കോപ്പി അടിച്ചാണ് എവിടെ എഴുതിയിരിക്കുന്നത് അതാണ് അതടുത്ത് ഓടയിൽ കളയണന്ന് ഞാൻ പറയും ഗുരുവിന്റെ വാഴ്ചപ്പാടല്ല അത് അത് പഠിക്കുകയും പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ പക്ഷെ ഗുരുവിന്റെ വാഴ്ചപ്പാടായിട്ട് പറയാൻ പറ്റില്ല എന്താണോ അത് ഞാൻ മുമ്പ് പറഞ്ഞു അത് എടുത്തു കളയേണ്ടതാണ് അതൊക്കെ എടുത്തു കളയണ്ടതാണ് ഇന്നത്തെ കാലത്ത് അതൊക്കെ ചോദ്യം ചെയ്യും അത് നിങ്ങള് പോകുമ്പോ അത് കളയണം കേട്ടോ അന്നോട് സോനാ ഞാൻ മുമ്പ് തന്നെ സുരക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ബ്രഹ്മവിദ്യാലയത്തിന്റെ മുമ്പിൽ ഒരു ഫോർഡ് വെച്ചിട്ടുണ്ടോ അതിൽ തന്നെ അക്ഷര തെറ്റ് എഴുതി വെച്ചിരിക്കുക അക്ഷരം അറിയാന്നുള്ള ബ്രഹ്മവിദ്യാലയത്തിന് മുമ്പിൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവനും വിദ്യാഭ്യാസം ഇല്ലെന്നല്ലേ തോന്നു അത് കണ്ടുകഴിഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് ഒരു സമാനം വെച്ചിട്ടില്ലേ അതിന്റെ താഴെ രണ്ടു തെറ്റെഴുതി വെച്ചിരിക്കുന്നു അക്ഷരത്തെറ്റ് മനസ്സിലായേ ഇതൊന്നും എഴുതി വെക്കരുത് അതും ബ്രഹ്മവിദ്യാലയത്തിൽ ബ്രഹ്മവിദ്യാലയത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ ബാക്കിയുള്ള ഇതൊക്കെ ആരാ എഴുതി കൊടുക്കുന്ന ഇതൊക്കെ ഏഹ് അക്ഷരം നേരെ മുൻപൊരുങ്ങി ആസംഗം എടുത്ത് പറഞ്ഞാണ് അക്ഷര തെറ്റുകൾ എഴുതരുതെന്ന് അവിടെ സമാധിയുടെ അമ്പത്തന്നെ ബോർഡിൽ അക്ഷരത്തെറ്റ് എഴുതി വെച്ചിരുന്നു കണ്ട് ഞാൻ പറഞ്ഞത് മൂന്നോ നാലോ അക്ഷരത്തെ ബോർഡിൽ പുഷ്പാഞ്ജലി തന്നെയാണ് പുഷ്പാഞ്ജലി തന്നെയല്ല ഈ ഫേക്കായ കുറെ ഫോട്ടോസാണ് പ്രദർശിപ്പിച്ചേക്കുന്നത് ഫേക്കെന്ന് പറഞ്ഞാൽ എന്താ ഗുരുവിന്റെ അല്ലാത്ത കാര്യങ്ങളൊന്നും പഞ്ചശാലകളൊന്നും ചിട്ടിട്ടുണ്ട് ഗീത ഒരു ഉത്തമ ഗ്രന്ഥമാണ് ഇത്രയും കടലും അങ്ങനെയുള്ള അതേ പറഞ്ഞിട്ട് ഇതല്ലാതെ ഗീത ഒരു ഉത്തമ ഗ്രന്ഥം ശ്രീനാണിച്ചത് ആ അറിയില്ല നമ്മളൊന്നും ഇപ്പം ഇല്ല ഇപ്പം കുട്ടികളെ പോയി കളഞ്ഞ അങ്ങനെയുള്ള എടുത്ത് കളയാണ് ഗുരു പറയാത്തത് ഗുരു ഏത് പറഞ്ഞു പറഞ്ഞില്ല എന്നിപ്പോ തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ് ഗുരു പറഞ്ഞതും പറഞ്ഞ് പറയാത്തൊരുപാട് ഒരു എഴുതി ചേർത്തിട്ടുണ്ട് അത് മറ്റൊരു പ്രശ്നം ഇപ്പൊ ഇയാളാണ് വെച്ചിരുന്ന അതിനകത്ത് ഈ ഒരു ചില കാര്യങ്ങളുണ്ട് അതി ആ അതിനിക്ക് അവിടെ ചർച്ച ചെയ്യാം ഇവിടെ അതിലേക്ക് പോകണ്ട എന്തായാലും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കാരണം എന്താണ് ശങ്കരായാലും ശരി ഈ പഴയ ആൾക്കാർ എല്ലാരും പറയുന്നത് വർണാശ്രമധർമ്മങ്ങളെ കുറിച്ചാണ് ഇതിനെയാണ് സനാതനം എന്ന് പറയുന്നത് അതാണ് അതിന്റെ വാസ്തവം പിന്നെ ഇന്ന് സനാതനം എന്ന് പറയുന്നത് ഇത് ഞങ്ങള് ഇത് അംഗീകരിക്കുന്നില്ല ഞങ്ങള് തള്ളിക്കളഞ്ഞിട്ട് പുതിയതിനാണ് സനാതനം എന്ന് പറയുന്നതെന്ന് പറഞ്ഞ ഓക്കെ പക്ഷെ അത് ഇത് തള്ളിക്കളയണം ആ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സനാതനധർമ്മ സനാതനികളെന്ന് പറയുന്നവര് തന്നെ ഇന്ത്യയിലെ മൊത്തം ഇത് നോക്കിക്കഴിഞ്ഞാൽ സനാതനിയെന്ന് പറയുന്നത് ഹിന്ദുമതത്തിനുള്ള പരിഷ്ക്കരണങ്ങളെ എതിർക്കുന്നവരാണ് സനാതനിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതും അങ്ങനെ പണ്ടും എങ്ങനെ തന്നെയായിരുന്നു ഉത്തരേന്ത്യയിൽ രണ്ടു ധ്രുവീകരണം വന്നു ആര്യ സമാജി സനാതനി ആര്യസമാജി പറഞ്ഞത് ഹിന്ദുമതത്തിൽ പരിഷ്കരണം വേണമെന്നും അതിനെ എതിർത്തവരില്ല സനാതനിയായി ഇവിടെ വക്യസത്യാഗ്രഹം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഇവിടെ അന്നത്തെ നോക്കുക ണ സഭ കൂടിയിട്ട് അവിടെ അവിടെയല്ല തൃപ്പൂണിത്തരം എവിടെ എവിടെ ബ്രാഹ്മണ സഭ കൂടിയിട്ട് എന്താണ് വക്യസത്യാഗ്രഹത്തിനെതിരായിട്ട് എന്താണ് ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രമേയം പാസ്സാക്കി അതിന്റെയൊക്കെ വാർത്ത കൊടുക്കുമ്പോ സനാതികൾ സനാതനികൾ ഇങ്ങനെ പറയുന്നു എന്നാണ് പണ്ട് പറഞ്ഞത് മനസിലായി അതായത് ക്ഷേത്രപ്രവേശനം പാടില്ല എന്ന് പറഞ്ഞവരെ അന്ന് പറഞ്ഞിരുന്ന് അന്നത്തെ ലേഖനങ്ങളും മാസികളൊക്കെ എടുത്ത് കാണുന്നത് അവരുടെ പേര് സനാതനികളാണെന്നും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നത് അതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥയെ ഉണ്ടായിരുന്നില്ല സനാതനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ വളരെ കേമമായിരുന്നു അത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് വിശദീകരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊന്നും അല്ല അത് എല്ലാം നല്ലതാണ് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നെല്ലാം നല്ലതാണ് പിന്നെ എന്താണ് നല്ലതെന്ന് പറയും ബ്രഹ്മൊന്നും പറയും ബ്രഹ്മ സനാതനമാണ് ഈ പറയുന്ന ഇവിടെ പറയുന്ന എന്താണ് വർണ്ണാശ്രമം അതിന്റെ കാര്യത്തിലല്ല അവർ പറയുന്നത് ബ്രഹ്മം സനാതനം അതുകൊണ്ട് അതാണ് സനാതനധർമ്മം എന്ന് പറയും അതാണ് എന്റെ വ്യത്യാസം ഇവിടെ പറയുന്നതല്ല ഇവിടെ വ്യക്തമായി ഓരോ ഭാഗങ്ങളിലും പറയും വർണ്ണ ആശ്രമ വ്യവസ്ഥയാണ് വർണ്ണ എന്ന് വെച്ചാൽ ഇനി വർണ്ണത്തിന് അവർ പറയും എന്താണ് അത് പറഞ്ഞിരിക്കുന്നത് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് വർണ്ണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ച് ആരെയാണ് ഇവിടെ ബ്രാഹ്മണ നക്ഷത്ര ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെയും പറഞ്ഞിട്ടില്ല ഒരിടത്തും പറഞ്ഞിട്ടില്ല ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ് ശ്രുതിസിദ്ധ ബ്രാഹ്മണായു പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണനാണ് സത്യനാരായണ സ്വാമി തിരുത്തിയത് അത് നല്ലത് തന്നെയാണ് പക്ഷെ പഴയത് ഇങ്ങനെയായിരുന്നു ബ്രാഹ്മണായെന്ന് അവരെ എഴുതി വച്ചതിന്റെ ഉദ്ദേശം വിബോധിത അങ്ങനെയുണ്ട് വേറെന്തോ ഏത് കേട്ടു തന്നെ നമുക്ക് വിബോധിതെന്ന് വെച്ചാൽ നല്ലവണ്ണം ബോധിപ്പിച്ചതെന്ന് വരും ഷ്ടമായി ബോധിച്ചു വർണ്ണവും ധർമ്മവും എന്താണ് അത് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മാറ്റി പുതുതായിട്ട് എഴുതി എന്തെങ്കിലും ചേർക്കും അതൊക്കെ മൊത്തം മാറ്റി കളഞ്ഞിട്ട് അതിന് കൊഴപ്പല്ല ജ്ഞാനവിജ്ഞാനോന്നൊക്കെ പറയാ അതിന് കുഴപ്പമില്ല അത് ജനവിനാശിതായെന്ന് പറയുന്നത് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് ശരിയാക്കാം കുഴപ്പമില്ല പക്ഷേ അതൊന്നും ആവശ്യമുള്ള അല്ല ജ്ഞാന വിനാശിത അജ്ഞാനായ നമാന്ന് പറഞ്ഞാൽ ശരി കറക്റ്റ് ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ചത് ജ്ഞാന വിനാശിത അജ്ഞാനായ നമ എന്ന് പറഞ്ഞാൽ ശരിയാണ് മറ്റേ വളഞ്ഞുള്ള പ്രയോഗങ്ങളാണ് വളഞ്ഞു തിരിഞ്ഞൊക്കെ വ്യാഖ്യാനിക്കും ശ്രുസിദ്ധ ബ്രഹ്മണേ നമാന്ന് പറയുന്നതിന് കുഴപ്പമില്ല ശ്രുതിയിൽ പറയുന്ന ബ്രഹ്മം അങ്ങനെ പറയാം പിന്നെ ശുശ്രിദ്ധ ബ്രാഹ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ എന്നൊരു വ്യാഖ്യാനം ഉണ്ട് ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണ ശങ്കരാചാര്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് ശ്രീസിദ്ധ ബ്രാഹ്മണൻ എന്ന് പറയാം പക്ഷെ അത് പിന്നെ അങ്ങനെ വ്യാഖ്യാനിക്കണം പക്ഷെ ശ്രുതിയിലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പ്രധാനമായും അങ്ങനെ അല്ല ജാതിയിലാണ് പറയുന്നത് ജാതി ബ്രാഹ്മണനെ അവിടെ പറയുന്നത് വേദങ്ങളിലൊക്കെ പറയുന്നത് ജാതി ബ്രാഹ്മണൻ തന്നെ പിന്നെ ഇങ്ങനെയും ഒരർത്ഥം വേണമെങ്കിൽ ശങ്കരചാര്യ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതൊന്നും മുഖ്യമായ ഒരു ഇതല്ല അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് ഈശ്വരസത്തെ ബ്രഹ്മണേന്നാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത് മനസ്സിലായി അതിന്റെ ഒരു ലാഞ്ചന വരുന്നതൊക്കെ എടുത്ത് കളയേണ്ടത് കളയുന്നത് ഒരു ചെറിയ ചെറിയ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കത്തക്ക രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കത്തക്ക ഒരു വാക്കുണ്ടെങ്കിൽ അത് കളയണം എങ്ങനെ ഈ പറയുന്ന വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും വ്യാഖ്യാനിക്കാവുന്നെങ്കിൽ അതിനെ മൊത്തം അവറ്റണം എന്നിട്ട് അങ്ങനെ കൊഴപ്പില്ലാത്ത ഒന്ന് രണ്ട് വാക്ക് മാറ്റിയാ മതിയോ അതിനൊന്നും വലിയ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി പ്രസിദ്ധീകരിക്കുമ്പോ മാറ്റണം ശരി പോറ്റിസാറെ അർത്ഥ ഒക്കെ പോറ്റിസാറ് എന്താണ് ഈ വർണ്ണാശ്രമം എന്നൊക്കെ പറയുന്നത് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചെന്നുള്ള രീതിയിൽ ന്യായീകരിച്ചെഴുത് പക്ഷെ അതിന് വേറൊരു അർത്ഥമുണ്ട് അതുകൊണ്ട് ന്യായീകരിച്ചെഴുന്ന അർത്ഥത്തെ സ്വീകരിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് ആ വാക്കയെ മാറ്റണമെന്നാണ് അനുകൂലമായും പ്രതികൂലമായും വ്യാഖ്യാനിക്കാന്നുള്ള ഒരു ഉപയോഗിക്കേണ്ട കാര്യമില്ല വിവാദപരമായ അർത്ഥം കിട്ടുന്ന ഒരു വാക്ക് മാറ്റിയിട്ട് പകരം വേറെ എഴുതണം അന്തിനാ വയ്ക്കുന്നത് ഏഹ് അത് നമ്മൾ ഇനി അത് ക്രമേണ മാറ്റിയെടുക്കുന്നത് നമ്മൾ സമാധി ചെല്ലുമ്പോൾ ആദ്യം മാറ്റണം പ്രിന്റ് ചെയ്യുന്ന ബുക്കുകളിൽ മാറ്റണം സമാധി മാറ്റണം അപ്പോ ശരിയാവും കാരണം പഴയ കാലത്ത് അങ്ങനെ എഴുന്നേൽ ദോഷമൊന്നുമില്ലായിരുന്നു ഇങ്ങനെ ശ്രീസിദ്ധ ബ്രാഹ്മണായ കാരണം വെച്ചുകഴിഞ്ഞാല് അന്ന് ഇതൊന്നും വലിയ ഡിസ്കഷൻ ആയില്ല ജനങ്ങള് പുരോഗമിക്കാൻ തുടങ്ങി ആൾക്കാർ ഇതിനെ പഠിക്കുകയും ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ അപകടങ്ങൾ മനസ്സിലായത് പഴയകാലത്ത് സാധാരണ ശുദ്ധ മനസ്സുള്ളവരെ പറയും സുലിശുദ്ധ ബ്രാഹ്മണൻ ദോഷവും നിന്നല്ലോ ശ്രുതി പറയുന്ന ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനിയാണ് എന്നുള്ള ലാഘവത്തിലർത്ഥം മനസ്സിലാക്കി അങ്ങനെ പ്രയോഗിച്ചു പോന്നു അത് ആ കാലത്തിൽ അത് ശരിയാണ് അത് വലിയൊരു ചർച്ചയ്ക്ക് ഈ വിഷയമാകാത്തോണ്ട് പക്ഷെ ഇന്നങ്ങനല്ല ഇന്ന് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഈ പറയുന്ന പോലെ സനാതനധർമ്മം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വിവാദങ്ങൾ നടക്കും അപ്പോ നമ്മള് കൂടുതൽ കരുതലുള്ളവരായിരുന്നു അങ്ങനെയുള്ള പദങ്ങൾ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു വിവാദത്തിന് ഇട കൊടുക്കാതെ തന്നെ അതിനെ കറക്റ്റായിട്ട് ഇതാണ് ചേതസ്വാമിയെ കേഴുപോഴത്തേക്ക് അത് സ്വാഭാവികമായ കാര്യങ്ങളാണ് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ അറിവനുസരിച്ച് അന്നത്തെ ഒരു ഇതനുസരിച്ച് അതൊന്നും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളെന്താണ് ഇതൊക്കെ പിന്നീട് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷങ്ങളും പഠനങ്ങളും വന്നിപ്പോ ഇതിനുള്ള അപകടങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധവാന്മാരായിരുന്നില്ല ഇന്നങ്ങനെയല്ല ഇതിനകത്ത് അപകടങ്ങളുണ്ട് അന്ന് ഇപ്പൊ ഗുരുദേവനീ പറയുന്ന കാലഘട്ടത്തിൽ കാലത്തൊന്നും ഇതിന് ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളില്ല മനസിലായി രാഷ്ട്രീയ വ്യാഖ്യാനം അതില്ല അറിയുക അറിയില്ല എന്നുള്ളതല്ല ഇതിനൊക്കെ എന്താണ് ശാസ്ത്രീയ വ്യാഖ്യാനമേ ഉണ്ടായിരുന്നത് ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനം ഇന്നത്തെ കാലത്ത് അതല്ല സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് വ്യാഖ്യാനം വരും രാഷ്ട്രീയ വ്യാഖ്യാനം വരും എന്ന് വെച്ചാൽ അത് ബി ജെ പി ക്കും മാർസിസത്തിനും അനുകൂലമായും പ്രതികൂലമായും വ്യാഖ്യാനിക്കും അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കേവലൊരു ശാസ്ത്ര വ്യാഖ്യാനമാണെങ്കിൽ നമുക്ക് ഇത് ഈ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ശാസ്ത്രീയ വ്യാഖ്യാനത്തിനപ്പുറം രാഷ്ട്രീയ വ്യാഖ്യാനം വരുന്നിടത്ത് ൂടുതൽ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് പഴയ കാലത്ത് ഈ പറയുന്ന വർണ്ണ ആശ്രമ വ്യവസ്ഥ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് മനസിലായേരോ വർണ്ണത്തിനും ഓരോ വർണ്ണത്തിനും പ്രത്യേകം പ്രത്യേക നിയമം എന്ന് പറയുമ്പോൾ വർണ്ണമെന്ന് പറഞ്ഞാൽ ജാതിയാണ് ബ്രാഹ്മണർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ള ശങ്കരാചാര്യന്റെ അഭിപ്രായം എന്നാ മറ്റുള്ളവർക്കും ആകാമെന്ന് പറയുന്ന അഭിപ്രായം പണ്ട് തന്നെ ഉണ്ടായിരുന്നു മഹാഭാരതന്നെയുണ്ട് മറ്റുള്ളവർക്കും സന്യാസമാകാം മഹാഭാരതത്തിൽ ഇതെല്ലാം എല്ലാ അഭിപ്രായങ്ങളും വരും പറ്റില്ല എന്ന് പറയുന്നതിന് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് ബ്രാഹ്മണന് മാത്രമേ പറ്റുള്ളൂ ഗീതയിലെ ഈ പ്രാമാണിക വ്യാഖ്യാതാക്കളെല്ലാം തന്നെ അത് ജാതിക്കനുസരിച്ച് തന്നെ വ്യാഖ്യാനിക്കുന്നു പക്ഷെ എന്താണ് മുസ്ലിംകൾക്ക് ഖുറാനുണ്ട് ക്രിസ്ത്യാനികൾക്ക് ബൈബിളുണ്ട് അപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകം വേണം അതെന്തായിരിക്കണം ഗീതയായിരിക്കണം ദോഷങ്ങൾ വരാൻ പാടില്ല എന്ന് വന്നിട്ട് സന്യാസിമാർ അത് ആധുനിക സന്യാസിന്ന് പറഞ്ഞാൽ ശൂദ്രസന്യാസിമാര് ശൂദ്രസന്യാസിമാര് ഇത് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു അവര് ഗുണകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും ഗുണകർമ്മം എന്നൊരു വാക്കുണ്ടല്ലോ അത് വച്ചിട്ട് അത് ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് ഇത് വ്യാഖ്യാനിക്കേണ്ടതെന്ന് അവര് വ്യാഖ്യാനിച്ചു കാരണം അത് കൂടുതലും അങ്ങനെ വ്യാഖ്യാനിച്ച ഒരു ഇംഗ്ലീഷ് ആൾക്കാരാണ് വിവേകാനന്ദ സ്വാമി തൊട്ട് ഇങ്ങോട്ടുള്ളവരുണ്ടാസു പഴയ എല്ലാരും എന്താണ് ജന്മം കൊണ്ടുള്ള ജാതി വെച്ച് തന്നെ എല്ലാരും വ്യാഖ്യാനിക്കുന്നത് ആരെന്നു ഒരാളുടെയും പേര് ചോദിക്കേണ്ട കാര്യ എല്ലാ പ്രധാന വ്യാഖ്യാതാക്കളും എന്താണോ ആരും തന്നെ ഗുണകർമ്മങ്ങൾക്ക് ജാതി അംഗീകരിക്കില്ല ബ്രാഹ്മണന് നല്ല ഗുണമുണ്ട് ഇത്രയുള്ളു അത് വ്യക്തമായ തെളിവ് ഗീക തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണെന്ന് പറയുന്നു അപ്പോ അതുകൊണ്ട് പക്ഷെ ആധുനിക കാലത്ത് വന്നപ്പോഴത്തേക്ക് ഈ ഹിന്ദു ഹിന്ദു മതം എന്നുള്ള ഒരാശയം വരികയും കാഴ്ചപ്പാട് വരാൻ കാരണം ക്രിസ്ത്യാനികൾ ഇവിടെ മതപരിവർത്തനം നടക്കുകയും മുസ്ലീങ്ങളുടെ ആക്രമണമൊക്കെ വന്നപ്പോ നമുക്ക് വന്ന് വേണമല്ലോ അങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ജാതീയമായ വിവേനുണ്ട് ഇതും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഈ സൂത്ര സന്യാസിമാരെല്ലാം പരിഷ്കരിച്ചിട്ട് അവര് ഗുണകർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തി വ്യാഖ്യാനിച്ചു ഗുണകർമ്മങ്ങൾ കൊണ്ട് ജാതി എന്നുള്ള മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഗീത അതനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റിയ പാടാണ് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് അതുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്നത് എന്താണ് ജാതിക്കനുസരിച്ച് ഈ പറയുന്ന പറഞ്ഞ ആശ്രമധർമ്മം തന്നെയാണ് നിലനിന്ന് അപ്പോ അത് അന്ന് ഇവർക്ക് വ്യാഖ്യാനിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം അന്ന് ഹിന്ദുമതമില്ല പൊളിറ്റിക്സ് ഇല്ല ഗുരു തന്നെ ഈ പറയുന്ന കാലഘട്ടത്തിൽ പൊളിറ്റിക്സ് ഇല്ലായിരുന്നതുകൊണ്ടാണ് അന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആയിപ്പോയത് ഗുരു അന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും എന്താണ് ഇന്നത്തെ കാലത്താണെങ്കിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ട് കാരണം ഇന്ന് പൊളിറ്റിക്സ് ഉണ്ട് അന്ന് ഈ പൊളിറ്റിക്സ് ഇതുപോലെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതാണ് ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നൊരു ആശയം വന്നപ്പോഴത്തേക്ക് അന്നത്തെ വർക്ക് നാമൻ സവർണ ജാതകം നടത്തി ശിവേരി വന്ന് താമസിച്ച് ഗുരുവിനെ നമസ്കരിച്ചിട്ടൊക്കെയാണ് പോയത് ഇന്നാണെങ്കിൽ സുമാരെന്നായി ശിവേരി കയറും കേറും ഇന്നത് അന്ന് ഗുരു നടത്തിയ കാര്യങ്ങളൊന്നും ഇന്ന് നടത്താൻ പറ്റില്ല പ്പോയി എന്ന് രാഷ്ട്രീയമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പൊ ഇത് ഒറിജിനല് പറഞ്ഞ അത് പല രാഷ്ട്രീയക്കാർക്കും ദോഷം ചെയ്യും അങ്ങനെയുണ്ടു പിന്നെ രാഷ്ട്രീയക്കാരകറ്റാനും പറ്റില്ല കാരണം രാഷ്ട്രീയക്കാരകത്തി കഴിഞ്ഞാൽ നിലനിൽപ്പിനെ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും അവർക്ക് ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയുണ്ട് അവർ ഉപദ്രവിച്ചാൽ അത് പ്രശ്നമാവും അവരെ അടുപ്പിച്ച് വേണം എന്നാൽ ഗുരുവിന്റെ ആശയം എന്താണെന്ന് പറയാനും വേണം അതിനുള്ള തന്റെയിടം വേണം നമ്മുടെ സ്വാമിമാർക്ക് പറ്റും അപ്പൊ ഇവിടെ പറയുന്ന ഇതാണ് വർണ്ണാശ്രമ അവസ്ഥ വിശേഷം അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ആദിഗ്രഹണം മഹാപാതക ഉപാതക സങ്കരീകരണം പാത്രീകരണം മലിനീകരണം എന്തെല്ലാം പാപങ്ങളാണ് ഇത് ഇതൊക്കെ പാപങ്ങളാണ് ഇതൊക്കെ അധ്യാസങ്ങളാണ് ഇതൊക്കെ അതാണ് ഇവിടെ പറഞ്ഞത് മൃഗങ്ങളെ കൊല്ലുന്നത് സങ്കരീകരണമാണ് ശൂദ്രന്മാരിൽ നിന്നൊക്കെ ദാനം സ്വീകരിക്കുന്നത് അന്ന് ഈ ദാനം സ്വീകരിക്കുക എന്ന് പറയുന്നത് ദാനം സ്വീകരിക്കുന്നത് ബ്രാഹ്മണരാണ് പിന്നെ ശൂദ്രനെ സേവിക്കുന്നത് അതാണ് എഴുതിയിരിക്കുന്നത് അത് അപാത്രീകരണം അപാത്രീകരണം അല്ല അപാത്രീകരണം എന്ന് പറയുന്ന പാപമാണ് ഇന്ന് ഇത് പറയാൻ പറ്റും ഇന്നത്തെ സനാതന ഇതാണ് പഴയ സനാതനധർമ്മം വ്യക്തമായി ഇതെന്ന് പറയാൻ പറ്റും പറ്റില്ല അപ്പോൾ ഇതിനെ വ്യാഖ്യാനിച്ച് ഇതൊന്നുമല്ല പഴയതെന്ന് പറയേണ്ട ബാധ്യത വരും സനാതനധർമ്മം കൊണ്ടു നടക്കുന്നവർ ആ ബാധ്യതയെ ഗുരുവിൻ്റെ അനുയായികളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല സന്യാസിമാരത് അങ്ങനെ ഒരു ബാധ്യതയെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഇതെല്ലാം എന്താണ് അധ്യാസം അതിനെല്ലാം എടുത്തോളണം പിന്നെ ഇതിൽ വീണ്ടും പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ജാതി ഭ്രംശവും ജാതി സങ്കരവും മനു പറയുന്ന രണ്ട് ദോഷങ്ങളുടെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സനാ പഴയ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും അറിയണം ജാതി ഭ്രംശവും ഈ ജാതി സങ്കരത്തെ ഗീതയിൽ അർജുന ആദ്യം പറയുന്നത് ഇതും ചെയ്തു കഴിഞ്ഞാൽ ജാതി സങ്കരം എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്നത്തെ ശൂത്ര സന്യാസിമാരും വ്യാഖ്യാനിക്കുന്ന എന്ത് എന്ത് ബുദ്ധിയാണ് അവരുപയോഗിക്കുന്നത് ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് എന്താണ് അതിനെ കാലാനുസൃതമാക്കി മാറ്റുകയാണ് ഈ കൊള്ളിതായ്മകളെ കാലാനുസൃതമാക്കുന്നതിലും നല്ലത് അതിനെ തള്ളിക്കളയാണ് ആ അതിനെ വെള്ളപൂശേണ്ട ആവശ്യമില്ല ജാതിഭ്രംശവും ജാതി സങ്കരവും രണ്ടും തള്ളികളയാണ് കാരണം ജന്മനാ ജാതിയാണെങ്കിൽ ജാതി ഭ്രംശ സംഭവിക്കും ഒരാൾക്ക് ജാതിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുന്നു ബ്രാഹ്മണനും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണൻ അത് ചെയ്തില്ലെങ്കിൽ അവന് ജാതി ഭ്രംശ സംഭവിച്ചു ഇന്ന് ഇത് പിന്നെ ജാതി സങ്കരം ബ്രാഹ്മണൻ ചണ്ടാളെന്ന് പറയുന്നത് ആരാണ് ബ്രാഹ്മണ സ്ത്രീ അപ്പോ ഇങ്ങനൊക്കെയാണ് ജാതി വരുന്നത് അതൊക്കെ ജന്മം കൊണ്ടാണ് വരുന്നത് പട്ടി ഇറച്ചു കഴിക്കുന്ന എന്തുകൊണ്ട് ഇവന് അങ്ങനെ ഒരു സന്താനം ജനിച്ചു കഴിഞ്ഞാൽ അവന് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കും പിന്നെ അവൻ കഴിക്കാൻ എന്തേ കിട്ടത്തുള്ളു പട്ടിക കിട്ടത്തുള്ളു ആഹാരമേണ്ടേ പട്ടി കഴിച്ച് ഇറച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ അന്ന് നിലനിൽപ്പിന് വേണ്ടി കഴിക്കുന്നതാണ് സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജാതി ഭ്രഷ്ടനായി കഴിഞ്ഞാൽ ജാതി ഭ്രംശം വന്നുകഴിഞ്ഞാൽ ജാതി ഭ്രഷ്ടനായി കഴിഞ്ഞാൽ അവന് സമൂഹത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്നുവെച്ചാൽ ഈ സമൂഹത്തിൻ്റെ പൊതുവായ ധന ആകമ ധനവിനിമയത്തിലൊന്നും അവൻ കൈയെടുത്താൻ പറ്റില്ല എല്ലാം അടഞ്ഞു പോകുമ്പോൾ അവൻ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ശവങ്ങൾ കഴിക്കുക പട്ടിയെ തിന്നുക ഇതൊക്കെ അവനൊന്ന് നിറത്തിയുള്ളൂ അങ്ങനെ അവന് ജീവിക്കാൻ പറ്റും അല്ലാതെ പട്ടി ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട് തിന്നുന്ന ഏഹ് അവ അവര് ഓരോ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നു ഇവിടെ അത് അങ്ങനെയല്ല സംഭവിച്ചു ഇവിടെ എന്താണ് കൊറേ പേര് നല്ല ഭക്ഷണം കഴിക്കുന്നിടത്താണ് കുറച്ച് പേര് എന്താണ് പട്ടി ഇറച്ചിരുന്നത് ചില പ്രദേശങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും പട്ടി ഇറച്ചി കഴിക്കും പാമ്പിനെ തിന്നും അതുവരെ അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല ഇതെന്താണ് ഒരു സമൂഹത്തിൽ തന്നെ രണ്ട് വിഭാഗം ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു പാല് കുടിക്കുന്നു വേറെ കൂട്ടർ പട്ടിയിറച്ചിരുന്നു ഇതും മറ്റേതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല ആഫ്രിക്കയുടെ ഉൾക്കാടുകൾ ആദിവാസികൾ ചിലപ്പോൾ പട്ടിയിറച്ചു മാത്രമേ കഴിക്കൂ അവിടെ രണ്ട് വിഭാഗമില്ല ഒരു സമൂഹത്തിൻ്റെ രണ്ട് വിഭാഗമാണ് ഗ്രാമത്തിൻ്റെ പുറത്ത് കഴിയുന്നവരും ഗ്രാമത്തിൻ്റെ ഉള്ളി കഴിയുന്നവരും ഇതൊരു സമൂഹമാണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അല്ല അതും ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് ഇതൊക്കെ വായിക്കുമ്പോ ആ പഴയ സംഭവം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ബ്രഹ്മസൂത്രത്തിന്റെ അഭൂദ്രാധികരണത്തിന്റെ എന്റെ ക്ലാസ് ഉണ്ട് പത്തിരുപത് വർഷം പഠിത്തമാണ് ഏ ആ അത് കേട്ടു നോക്കിയാൽ മതി അന്നത്തെ എന്റെ അറിവെച്ച് പറഞ്ഞാണ് ഇന്നാണ് പറയുകയാണെങ്കിൽ എനിക്ക് അത് കൂടുതൽ പറയാനുണ്ട് അന്നത്രേ അറിയാമായിരുന്നുള്ളൂ അത് പറഞ്ഞു പത്തിരുപത് വർഷം ഒന്നും പറ്റി അന്നെനിക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് തന്നെ ഇന്ന് കൂടുതലാണ് ഇവിടെ ഈ അത് ധാരാളം മതി കേട്ടിട്ടുണ്ടോ അന്ന് പോയപ്പോടെ വെച്ചു ആ അത് ഞാനവിടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പാണ് ഞാനവിടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അവിടെ പോയപ്പോഴാണ് അവരെന്നെ ചോദ്യം ചെയ്തത് ആ വിശുദ്ധാകീരണത്തെ ഞാൻ പറഞ്ഞത് ഒക്കെ അത് കഴിഞ്ഞ് പോയി ഞാനതിനെ കുറിച്ച് ക്ലാസ് എടുത്തു അന്നും അവരതിനോട് ചോദിക്കില്ല അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പോൾ അവർ ചോദിച്ചാണ് ഞാൻ മറുപടി പറഞ്ഞത് അന്ന് അവർ അംഗീകരിച്ചില്ല അവസാനം ഞാൻ ചെന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തു കുറച്ച് പേര് ഇന്നും അതിനീകരിക്കാത്തവരുണ്ട് അവരൊക്കെ പിന്നെ എൻ്റെ ക്ലാസ് ബഹിഷ്കരിച്ച് ആവശ്യാന്കരണത്തിൻ്റെ എന്റെ ക്ലാസ് കേട്ട് കത്ത് മുഴുവനാക്കുന്ന പിന്നെ കുറെ പേര് എന്നെ ബഹിഷ്കരിച്ച് ആ ബഹിഷ്കരണം ഇന്നും തുടരുന്നുണ്ട് പിന്നെ ആള് കുറവാണ് പക്ഷെ അന്ന് തന്നെ ബഹിഷ്കരണം ഉണ്ടായി പകുതിയുള്ള ആൾക്കാർ ക്ലാസ്സിൽ നിന്നിറങ്ങി പോയില്ല എഴുതി കൊടുക്കുകയും പറയുകയും വലിയ കോലാഹലമായി അപ്പം ഞാൻ പിന്നെ നിർത്തി അവര് വലിയ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി ക്ലാസ് നിർത്തി ഞാൻ മറ്റു പണികളിലൊക്കെ അവിടെ പോയി കഴിഞ്ഞു പിന്നെ അവർ തന്നെ രണ്ടാമത് വീണ്ടും വിളിച്ചു അവിടെ നാള് വന്നു അന്ന് എന്നെ ചോദ്യം ചെയ്ത സ്വാമിയെ തന്നെ വിട്ടവരെന്നെ വിളിപ്പിച്ചു ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ ചോദ്യം ചെയ്തെ അന്ന് കൂടെ ഉണ്ടായിരുന്നു ആ സ്വാമിയെ വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചു ആ പക്ഷെ അവർക്ക് അതിന് കാരണം എന്തുകൊണ്ടാണ് അവർ ഈ ജാതീയമായ വിവേചനമൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്ത് അരേ സമുദായം എന്ന് പറയുന്നത് എന്താ ബ്രാഹ്മണ സമുദായമാണ് ആ അതുകൊണ്ട് ഈ വിവേചനം അനുഭവിച്ചിട്ടുണ്ട് അവരുടെ കൂടെയുണ്ട് പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന അങ്ങനെയല്ല അവിടെ വലിയാദി ഒരു മതമാണ് എല്ലാവരും ഉണ്ട് ഇപ്പം എല്ലാവർക്കും ഇതൊന്നും പിടിക്കുന്നില്ല അപ്പം ഞാൻ ഈ ശിവൈലിയിലെ ഈ വാർത്ത ഒന്ന് ഞാൻ വലിയ പറഞ്ഞിട്ട് എന്നെ വിളിച്ചോണ്ട് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവദ്ധമാണ് പത്രങ്ങളിലൊക്കെ എന്തായിരുന്നു വാർത്ത ആർ എസ് നിന്ന് ട്രെയിനിങ് കിട്ടിയ ആളാണ് എന്ന് പറഞ്ഞാണ് എന്നെ പൊക്കി എടുത്തോണ്ട് പോയത് ക്ലാസ് എടുക്കാൻ അല്ലാതെ ഞാനവിടെ ചെന്ന് തുടങ്ങിയപ്പോ തന്നെ ആകെ കുളമായി പിന്നെ മകസൂത്രാധിക അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ പിന്നെ ചെലപ്പോ അടിയോ പിടിയോ എല്ലോ ആയോ എന്ന് വിചാരിച്ചാണ് ഞാൻ നിർത്തിയത് പിന്നെ ദിവസം കളിയാക്കിയ പോയി ക്ലാസ് എടുക്കുന്നു കളിയാക്കിയ രണ്ടോടെ ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതേ പ്രശ്നം കൊണ്ട് നിർത്തി പിന്നെ അവരൊന്നു വിളിച്ചിട്ടുണ്ട് അനുകൂലിക്കുന്നവരുണ്ടല്ലോ എന്നെ അനുകൂലിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ടല്ലോ എന്റെ ഫാൻസ് എന്റെ ഫാൻസ് പിന്നെ പറഞ്ഞ് അത് പറ്റില്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല വരണമെന്ന് പറഞ്ഞ് കാരണം ഞാനായിട്ട് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കണ്ടാവും ഇവിടെ ഒരു സ്പ്ലിറ്റുണ്ടായല്ലോ ഇനി ഞാൻ അവിടെ ചെന്നൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കണ്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്വയം നിർത്തിയാണ് പക്ഷെ അങ്ങനെ രണ്ടു തവണ നിർത്തി മൂന്നു തവണ മൂന്നാമത്തെ തവണ അവര് തന്നെ ഇടപെട്ട് എന്നോട് പറഞ്ഞു ഇവിടെ കുറേ തീവ്രവാദികളുണ്ട് ഈ തീവ്രവാദികൾ പറയുന്നതായിട്ട് സ്വാമി ക്ലാസ് നിർത്തരുതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിർത്തില്ല പിന്നെ ഞാൻ അങ്ങനെ അത് പിന്നെ ഗമനിച്ചില്ല ഇത് അങ്ങനെ ഇപ്പോൾ പോകുന്നു അവസാനം അവർ പറഞ്ഞു എന്നോടാണ് ഇങ്ങനെയാ പറഞ്ഞു ഇവിടെ കുറെ തീവ്രവാദികളുണ്ട് അത് പറയുന്നതായിട്ട് കൊണ്ട് അവരുടെ അഭിപ്രായം നോക്കിട്ട് ക്ലാസ് നിർത്തണ്ടെന്ന് പറഞ്ഞു ലാസ്റ്റിൽ എന്നോട് പറഞ്ഞാണ് ഇടയ്ക്ക് ദിവസം പറഞ്ഞു അവര് സമയക്കളിയാക്കി അതായത് സമയം ക്ഷണിക്കാതെ ഞാൻ ക്ഷണിച്ചിട്ടാ പോയത് അല്ല രണ്ട് മൂന്നാഴ്ച ഞാൻ ഡ്രൈവിംഗ് പോയി ഡ്രൈവിംഗ് പഠിച്ചതിനു ശേഷം ഞാൻ ട്രൈവ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സംഭവമാണ് സൂചനയൊന്നും സൂചന എന്തോന്ന് എനിക്ക് നേരെ പറഞ്ഞാൽ മതി അങ്ങനെ ഞാൻ പോയിട്ടില്ല അല്ല അവര് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അന്ന് ആദ്യം എന്നെ വിളിച്ച് തിരിച്ച് പോയപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് വേണ്ട ഞാൻ നാണവന് വരുന്നില്ല വേണമോ തുടരാം അതൊരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല എന്നെ വിളിച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ ഞാനിതേ പറയത്തുള്ളൂ നിങ്ങളിനി ഇവിടെ എന്തൊക്കെ അഭിപ്രായം ഉണ്ടായാലും ശരി എൻ്റെ അഭിപ്രായം ഇതായിരിക്കും മുമ്പ് തുറന്നു പോയാലും ഞാൻ ഇതുതന്നെ ആയിരിക്കും പറയുന്നത് ഞാൻ വ്യക്തമായി ക്ലാസ് പറഞ്ഞു ചട്ടമ്പിസ്വാമി നാരായണ ഗുരുവൊക്കെ പറയുന്ന ലൈനിലാണ് ഞാൻ ഈ ക്ലാസ് വിശദീകരിക്കുന്ന അല്ലാതെ ശങ്കരാചാര്യയുടെ ലൈനിലല്ല അത് നിങ്ങൾ എന്നെ ഒന്ന് വേദാധികാര നിരൂഹണത്തിൻ്റെയും ഒക്കെ ഞാൻ പറഞ്ഞു പിന്നെ അതങ്ങനെ മുമ്പോട്ട് പോയി പക്ഷെ ഈ ഒരു വിഭാഗം ശക്തമായി അന്ന് അവർ ഇതൊന്നും ആൾക്കാർക്ക് മാറത്തില്ല മനസ്സിയിരിക്കുന്ന ഇപ്പോൾ എന്താണ് മാർസിസ്റ്റുകാരൻ മാർസിസ്റ്റുകാരനായിരിക്കും ബി ജെ പി കാരൻ ബി ജെ ആയിരിക്കും കോൺഗ്രസ് കോൺഗ്രസ് ആയിരിക്കും എന്ന് പറയുമ്പോലെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തർ മനസ്സിൽ കയറിയിരുന്ന നമ്മൾ ധരിച്ചിരിക്കുന്നതാണ് ശരിയെന്നുള്ള ഉറച്ച അഭിപ്രായത്തിനേക്കുമ്പോൾ ബാക്കി എന്ത് പറഞ്ഞാലും ആരും ഉൾക്കൊള്ളത്തില്ല അതെനിക്കും അറിയാം അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചാരെയും ബോധവൽക്കരിക്കാനൊന്നും പറ്റത്തില്ല അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് പിന്നെ എന്ന് വിചാരിച്ച് എന്താണ് ചന്തത്തിനായി സഭകളിൽ പറയുന്നു ന്യായം ഓരോ സ്ഥലത്തും ചെന്ന് ആഡിയൻസിന് നോക്കി അവരുടെ സൗകര്യത്തിനനുസരിച്ച് പറയാൻ പറ്റും അത് പറയാനും പറ്റില്ല അത് പറയാനും പറ്റത്തില്ല പിന്നെ പിന്നെ ഇപ്പൊ അടുത്ത വേറെ പ്രശ്നം ഉണ്ടായി എന്താണോ പിന്നെ ഞാൻ വിഷ്ടാദ്വീതന്റെ ക്ലാസ് തുടങ്ങി ഇപ്പൊ അദ്വൈതത്തെ കണ്ണിക്കാൻ തുടങ്ങി അപ്പൊ അടുത്ത തലവേദന അതവർക്ക് പിടിക്കും ഓരോ പേരുടെ ആഗ്രഹ ചത്ര വിഷ്ടാദ്വൈതം പറയുമ്പോൾ മുഴുവൻ അദ്വൈതത്തെ കണ്ണിക്കും അത് പിന്നെ ഭയങ്കര തലവേദന കുറച്ചുപേരും പ്രസവം ഉണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞ ശരി വേണ്ടെങ്കിൽ പറയും നൃത്തം അപ്പോ നിർത്തിപ്പോ നിർത്തി പോയാവോ നന്നായിരിക്കും ആഗ്രഹിക്കുന്നവരുണ്ടവിടെ പക്ഷെ ഔദ്യോഗികമായ ഒരു അറിവെ പറ്റിയാ നൃത്തം അവിടെയായാലും ശരി ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ പറയുന്നത് പറയണമെന്ന് പറഞ്ഞാൽ അതിന് എന്നെ കിട്ടത്തില്ല എനിക്ക് ഞാൻ മനസ്സിലാക്കിയാൽ പറയൂ എവിടെ ആയാലും അതുകൊണ്ട് അങ്ങനെ പോകത്തുള്ളൂ പിന്നെ ഇവരുടെ ആരുടെ ആനുകൂല്യം ഞാൻ ജീവിച്ചു പോകും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് പിന്നെ ആരുടെയെങ്കിലും ആനുകൂല്യത്തിന് വേണ്ടി നിങ്ങളുടെ ആനുകൂല്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പറ്റിയത് പറയുക അതുപറ്റത്തില്ല ഞാനോരോന്ന് മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയത്തുള്ളൂ ഇവിടെയാണ് ഇവിടെ ആയതും അങ്ങനെയാണ് അവിടെ ആയതും അങ്ങനെയാണ് ഇവിടെ ഒരുപാട് കൊരുത്ത് കൊറത്ത് കൊരുത്ത് കൊരുത്ത് പറയും വലിയ ഭാഷാ സ്വാധീനവും വലിയ ആശയസ്വാധീനമുള്ള ആളാണ് സാധാരണ നിലക്കൊന്നും അത് വലിയ രീതിയിലാണ് പഴയ രീതിയാണെന്നേ ഉള്ളു തഥൈം ആത്മാത്മനോഹോ പരസ്പരാധ്യാസം ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും പരസ്പരാത്യാസം എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു ഈ രണ്ടു വാക്കുമുണ്ട് അതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം ആത്മാവും അനാത്മാവും തമ്മിലുള്ള ആക്ഷേപ സമാധാനാഭ്യാം ഉപപാദ്യ ആക്ഷേപ ചോദ്യം സമാധാന ഉത്തരം ആക്ഷേപം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആക്ഷേപം ചോദ്യോത്തരങ്ങളിലൂടെ ഉപപാദ്യ എന്ന് വെച്ചാൽ യുക്തിപൂർവം എന്താണ് അധ്യാസത്തിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടായി ഇഷ്മസ്മത് പ്രത്യോഗോചരയോഗം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിനെന്താണ് ചോദ്യമാണ് തഥാപ്യമിൻ അന്യോന്യാത്മകഥ എന്ന് പറഞ്ഞ് പറയുന്ന എന്താണ് മറുപടിയാണ് അതാണ് ഇവിടെ പറയുന്നത് പിന്നെ അങ്ങോട്ട് ഇതുവരെയും അത് തന്നെ ഉപാധ്യ ഇനി അത്രയും കഴിഞ്ഞു പ്രമാണ പ്രമേയ വ്യവഹാര പ്രവർത്തന ദൃഢീകൃത്യ അതാണ് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്മണോ എചൊക്കെ പറഞ്ഞത് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ യാഗം ചെയ്യുക പിന്നെ ഇവിടെ പറഞ്ഞത് ഈ പാപങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇതെല്ലാം പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളാണ് അധ്യാസ അധ്യസ്യ വ്യവഹാരന്ന് പറഞ്ഞിട്ടുണ്ട് അധ്യസിച്ചു കഴിഞ്ഞിട്ട് വ്യവഹാരം വരും എന്ത് വേണം അവിടെ പ്രമാണങ്ങൾ വേണം പിന്നെ പ്രമേയങ്ങളുണ്ട് െല്ലാം വ്യവഹാര പ്രവർത്തന ദൃഢീകൃത്യ അതിനെയെല്ലാം കാണിച്ചുകൊണ്ട് പ്രമാണ പ്രമേയ വ്യവഹാര പ്രവർത്തനം എന്ന് വെച്ചാൽ പ്രമാണ പ്രമേയ വ്യവഹാര പ്രവൃത്തി ആണ് പ്രവൃത്തിയാണ് പ്രവർത്തനം അതിലൂടെ എന്ത് ചെയ്തു ദൃഢീകൃത്യ ഉറപ്പിച്ചു എന്തിനുറപ്പിച്ചു അധ്യാസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതാണ് ശങ്കരാചാര്യ എല്ലാം കൊണ്ടൊന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഇവിടെ അധ്യാസ അധ്യാസം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു വ്യവഹാരം എങ്ങനെ അത് വർണ്ണ ആശ്രമ വ്യവഹാരം അതെല്ലാം അധ്യാസം കൊണ്ട് സംഭവിക്കുന്നു ഇതാണ് വ്യവഹാരം പിന്നെ അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങൾ തസ്യഅേതു പറയുന്നു ഈ അധ്യാസം എന്ന് പറയുന്നത് എന്താണ് അനർത്ഥത്തിന് ഹേതുവാണ് അധ്യാസവും അധ്യാസത്തെ തുടർന്ന് വരുന്ന പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും അനർത്ഥത്തിന് അനർത്ഥം സംസാരം തന്നെയാണ് ഉദാഹരണ പ്രപഞ്ചനേന ഉദാഹരണ പ്രപഞ്ചനം എന്ന് വെച്ചാൽ ഉദാഹരണങ്ങളെ വിസ്തരിച്ചുകൊണ്ട് പ്രതിപാദയിലും അതിനെ പ്രതിപാദിക്കുന്നതിനു വേണ്ടി പറയുന്നതിനു വേണ്ടി തത് സ്വരൂപം ഉക്തം സ്മാരേ ഇപ്പൊ അധ്യാസം അനർഥത്തിന് അത് അനർത്ഥത്തിന് കാരണമാണെന്നുള്ളതിൽ ഉദാഹരണങ്ങൾ പറയാണ് ഉദാഹരണ പ്രപഞ്ചനം ഉദാഹരണങ്ങള് ധാരാളം പറയുന്ന പ്രപഞ്ചനം എന്ന് പറയുന്നത് അത് പറയുന്നതിനു വേണ്ടി തസ്വരൂപം ഉക്തം സ്മാരയ തസ്വരൂപെന്ന് വെച്ചാൽ അധ്യാസത്തിൻ്റെ സ്വരൂപത്തെ പറഞ്ഞതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആരെ ആരോർപ്പിക്കുന്നു വായിക്കുന്നു അധ്യാസം നാമ അതസ്മിൻ തദ്ബുദ്ധിരിബോചാമ ഭാഷ്യത്തിന് അധ്യാസം ഒന്നാമ അതസ്മിൻ അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞോ പറഞ്ഞു ഏരിടത്തും പറഞ്ഞത് മുമ്പ് പറഞ്ഞെന്താണ് സ്മൃതിരൂപ്രഷ്ട ഇതിനെയാണ് ഈ പറയുന്ന അതസ്മിൻ തദ്ബുദ്ധിന്ന് അത് ചുരുക്കി പറഞ്ഞിരിക്കുന്നത് അതസ്മിൻ തദ്ബുദ്ധി എന്ന് നേരത്തെ പറഞ്ഞിട്ട ശങ്കരാചാര്യത്തെ അദ്വൈതം മുഴുവൻ നിൽക്കുന്ന ഇതിലാണ് ഏതൊരു അതല്ലാത്തതിൽ എന്തല്ലാത്തതിൽ ഉദാഹരണത്തിൽ പറഞ്ഞ സർപ്പമല്ലാത്തതിൽ എന്താണ് സർപ്പമല്ലാത്തത് എന്താണ് കയറി കയർ സർപ്പമല്ലാത്തതിൽ കയറിൽ തദ്ബുദ്ധി എന്ന് പറഞ്ഞാൽ ർപ്പത്തി ഇതാണ് ഇതിനാണ് നേരത്തെ പറഞ്ഞത് സ്മൃതിരൂപ പരത്ര പൂർവ്വദിഷ്ടാവകാശം അപ്പൊ മുമ്പ് പറഞ്ഞ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം മുമ്പ് പറഞ്ഞ ആശയം ഇത് തന്നെയാണ് രണ്ടും ഒന്നർത്ഥം പിന്നെ ഈ രണ്ട് ഉദാഹരണങ്ങളെയും എടുത്ത് ഒരുപാട് പിൽക്കാലത്ത് നിന്ന് ഒരുപാട് ചർച്ച ഒരുപാട് വലുതാക്കിയിട്ടുണ്ട് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ പറഞ്ഞാലും എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അത് സ്വാഭാവികമായ വ്യത്യാസമാണ് ഇതങ്ങനല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതിന് വ്യാഖ്യാനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അത് ഇവട്ട് പോയാൽ കാട് കയറിപ്പോ മനസ്സിലാക്കാനും പ്രയാസമാണ് ചുരുക്കി പറഞ്ഞാൽ എന്താണ് അതസ്വിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞ സർപ്പമല്ലാത്ത കയറിൽ സർപ്പബുദ്ധി ഇതാണ് ആത്മാവല്ലാത്തദേഹത്തിൽ ആത്മബുദ്ധി ഇതിനാണ് ഞാൻ ഇതുവരെ പറഞ്ഞു ആത്മാവല്ലാത്ത ദേഹത്തിൽ ആത്മബുദ്ധി അപ്പോ ഇവിടെ ശങ്കരാചാര്യ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നത് എന്താണ് വളരെ ബുദ്ധിപൂർവ്വം എല്ലാവരുടെയും തലയ്ക്കകത്ത് അടിച്ചു കയറ്റുന്ന ഒരു കാര്യം ചിന്തിക്കുന്നവനെയൊക്കെ മണ്ടനാക്കി കളയുന്ന ഒരു കാര്യം വലിയ ബുദ്ധിമാന്മാരെ പോലും മണ്ഡലാക്കുന്ന ഒരു കാര്യം ശങ്കരായെന്ന് പറയുന്ന ശങ്കരായ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യിക്കുന്ന ഒരു കാര്യം ബുദ്ധിമാന്മാരെ പോലും മിഡിയാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് ശരീരത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഉള്ളിലിരിക്കുന്ന അറിവിന്റെ കാര്യത്തിലും ആർക്കും തർക്കമുള്ള കാര്യം ഇതൊക്കെ എല്ലാവരും സമ്മതിക്കുന്നതാണ് പക്ഷെ ആ തസ്മിൻ തദ്ബുദ്ധി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ശങ്കരാചാര് അവിടെ ഒരു ശങ്കരാചാര്യർക്ക് സമ്മതമായ ഒരു ആത്മാവ് അതിനെ അവിടെ കൊണ്ടിക്കുന്നു എങ്ങനെയുള്ള ആത്മാവ് നിർഗുണവും നിരാകാരവും നിത്യശുദ്ധ ബുദ്ധമുക്തവുമായ ഒരു ആത്മാവ് അങ്ങനെ ഒരു സാധനം അങ്ങനെ വഹിക്കുന്നു ആ തസ്ബിൻ അവിടെയാണ് ശങ്കരായെന്ന് പറഞ്ഞാൽ അതല്ലാത്തതൊന്നും എന്താണ് അതല്ലാത്തതെന്ന് പറഞ്ഞെന്താണ് ഉദാഹരണത്തിന് എന്താണ് ആ സർപ്പം അല്ലാത്ത കയറൽ തദ്ബുദ്ധി സർപ്പബുദ്ധി സർപ്പമല്ലാത്ത കയറൽ അതല്ലാത്തത് അതല്ലാത്തതെന്ന് പറയുമ്പോ സർപ്പമല്ലാത്തതായ ഒന്ന് അതിനാണ് അധിഷ്ഠാനം എന്ന് പറയും സർപ്പമല്ലാത്ത ഒരധിഷ്ഠാനം അസർപ്പമല്ല അപ്പൊ ശരീരമല്ലാത്ത ഒന്ന് ഏത് എങ്ങനെ ഓരോ ആത്മാവ് പറഞ്ഞപ്പോ നിത്യനിരാകാരമായ നിർഗുണമായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തമായ ഒന്നിൽ ആത്മാവിൽ എന്തു ചെയ്യുന്നു ബാക്കി എല്ലാത്തിനെയും ആരോപിക്കുന്നു പ്രപഞ്ചം ഉൾപ്പെടെയുള്ള ഈ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ ആരോപിക്കുന്നു ആരോപിക്കുന്നിടത്ത് ശങ്കരാചാര് ബലാൽ ആൾക്കാരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനാണ് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനത്തില് ഈ ബോധം എന്ന് പറയുന്നതിൽ ആർക്കും ശരീരം എന്ന് പറഞ്ഞാൽ തർക്കമില്ല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തർക്കമില്ല അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറയുമ്പഴത്തേക്കും അവിടെ എല്ലാരെ കൊണ്ട് ബലമായി അംഗീകരിപ്പിക്കുന്ന എന്തിനാണ് കയറല്ലാത്ത ഒരു പാമ്പിന് ഈ പ്രപഞ്ചമല്ലാത്ത എന്താണ് പരാത്മാവിനെ അതിനെ അംഗീകരിക്കുകയാണ് അപ്പൊ ജനങ്ങള് അതങ്ങ് അംഗീകരിച്ച് പോവും അവിടെയാണ് ചങ്കരാ ആത്മാവുണ്ട് ആ തീരുമാനത്തിലാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത് അതിനുവേണ്ടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതെന്താകും വാക്കിനും മനസ്സിനും ഒന്നും എത്താത്തതിനെല്ലാപ്പുറമുള്ള പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഒരു തത്വം എന്ന് പറയും ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആത്മാവ് അങ്ങനെ ഒരു തത്വത്തിൽ എന്താ വരുന്നോ ആത്മബുദ്ധി എവിടെയാണ് ചങ്കരായ ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രപഞ്ചാരീതമായ ഒരു തത്വത്തെ അംഗീകരിക്കാൻ എല്ലാവരും ഈ പറയുന്ന ലക്ഷണത്തിലൂടെ നിർബന്ധിതരായി അങ്ങനെ ഒന്നുണ്ട് അതിലാണ് ഇതെല്ലാം ആരോപിച്ചിരിക്കുന്നത് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും വിടെയാണ് ചങ്കരായ ബുദ്ധിമുറ അങ്ങനെ ഒന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇല്ലയോ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഒരാളെ കൊണ്ടെന്ത് അങ്ങനൊരു സാധനം ഉണ്ട് അതിലാണ് ഈ പ്രപഞ്ചം മുറി അതെന്നെ ശരി ഒരാളെ ചിന്തിക്കുമ്പോൾ പിടികിട്ടുന്നില്ല എന്താ സാധനം അങ്ങനെ ഈ പ്രപഞ്ചം നിൽക്കുന്നത് ചിന്തിച്ചാൽ പിടികട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല അതുകൊണ്ട് അത് മനസ്സിനോട് ചിന്തിക്കാൻ പറ്റി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ മനസ്സിലായില്ല നഷ്ടമില്ല ഇനി മനസിലായെന്ന് പറഞ്ഞാലും ആ മനസിലായി എന്ന് പറഞ്ഞാലോ ഒരാള് പറയുന്നത് മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ വളരെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് നീ അത് ഗ്രഹിച്ചിരിക്കുകയാണ് കൊള്ളാം എന്നും പറയും മനസിലായോ അതി സൂക്ഷ്മമായ ബുദ്ധിയോണ്ട് നീ അതിനഗ്രഹിച്ചു അപ്പം മനസ്സിലായില്ല എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല മനസ്സിലായെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല രണ്ടായാലും ശങ്കരായു പറഞ്ഞെടുത്ത് തന്നെ നിൽക്കും എന്താണോ ആ തസ്മിൻ അതാണ് ശങ്കരായെന്ന് പറയുന്നു കെ ദാമോദരൻ എന്ന് പറയുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് എന്താണ് ഭാരതീയ ചിന്തകൾ എന്ന് പറഞ്ഞു വളരെ വർഷം അത് എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ നല്ല പേരോള മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിട്ടുണ്ട് ഓ അമ്പോ ശങ്കരന്റെ ബുദ്ധിയില്ല അദ്വൈതത്തെ കുളിച്ച പുള്ളി വ്യാഖ്യാനിച്ചുവെങ്കിലും പുള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പോ ശങ്കരന്റെ ബുദ്ധിയില്ല ശങ്കരന്റെ ബുദ്ധിയെ ചാടികടന്നു പോവാൻ കവച്ചു വെച്ച് പോവാൻ വലിയ പാടാണ് അങ്ങനെയാണ് അവനകൊണ്ട് സമർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുക ഒരു കാര്യത്തെ അവസാനം ഇവനെ അല്ലെന്നോ പറയാൻ വയ്യാത്ത കുരുക്കൽ കൊണ്ട് അവനെ കൊണ്ട് ചാടിക്കൊണ്ട് അംഗീകരിക്കും അതാണ് ഇവിടെ പറഞ്ഞെന്താണ് അതസ്മിൻ തദ്ധിരത്തി അപോചാ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അത് നിങ്ങൾ ഈ പറയുന്ന ബ്രഹ്മത്തെക്കൂടെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ സമ്മതിച്ചു ബാക്കി പറയുന്ന അധ്യാസം ഓക്കെ ശരിയാ അപ്പൊ അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ അത് അംഗീകരിക്കുക എന്ത് വേണം അതിനെ നിഷേധിക്കുന്നതിനുള്ള ബുദ്ധി വേണം അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം അതിനെ അംഗീകരിച്ചേ പറ്റൂ അംഗീകരിച്ചാൽ അധ്യാസം സിദ്ധമായി പദ്ധതികൃതിയ അധ്യാസത്തെ ചോദ്യ ഉത്തരങ്ങളിലൂടെ ഓർപ്പിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരി കാര്യങ്ങളായി